ം എട്ട് നീ എന്റെ അമ്മയുടെ മുലകുടിച്ച സഹോദരൻ ആയിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ട് ചുംബിക്കുമായിരുന്നു ആരുമെന്നെ നിന്ദിക്കയില്ലായിരുന്നു നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു സുഗന്ധവർഗം ചേർത്ത വിഞ്ഞും എന്റെ മാതളപ്പഴത്തിൻ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു അവന്റെ ഇടം കൈ എന്റെ തലയും കീഴെ ഇരിക്കട്ടെ അവന്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ എരിശിലേം പുത്രിമാരെ പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത് ഉണർത്തുകയുമരുത് എന്ന് ഞാൻ നിങ്ങളോട് ആണയിട്ട് അപേക്ഷിക്കുന്നു മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നൊരിവൾ ആർ നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത് അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവു കിട്ടിയത് എന്നെ ഒരു മുദ്രമോദരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോദരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നീവ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ േറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ നദികൾ അതിനെ മുക്കിക്കളകയില്ല ഒരുത്തൻ തന്റെ ഗ്രഹത്തിലുള്ള സർവസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും നമുക്ക് ഒരു ചെറിയ പെങ്ങൾ ഉണ്ട് അവൾക്ക് സ്ഥലങ്ങൾ വന്നിട്ടില്ല നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്കു വേണ്ടി എന്തു ചെയ്യും അവൾ ഒരു മതിലെങ്കിൽ അതിന്മേൽ ഒരു വെള്ളിമകുടം പണിയാമായിരുന്നു ഒരു വാതിലെങ്കിൽ ദേവദാരു പലവുകൊണ്ട് അടയ്ക്കാമായിരുന്നു ഞാൻ മതിലും എന്റെ സ്ഥലങ്ങൾ ഗോപുരം പോലെയും ആയിരുന്നു അന്ന് ഞാൻ അവന്റെ ദൃഷ്ടിയിൽ സമാധാനം പ്രാപിച്ചിരുന്നു ശലോമോന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു അതിന്റെ പാട്ടമായിട്ട് ഓരോരുത്തൻ ആയിരം പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം എന്റെ കൈവശം ഇരിക്കുന്നു ശലോമോനെ നിനക്ക് ആയിരവും ഫലം കാക്കുന്നവർക്ക് ഇരുന്നൂറും ഇരിക്കട്ടെ ഉദ്യാന നിവാസിനിയെ സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു അത് എന്നെയും കേൾപ്പിക്കണമേ എന്റെ പ്രിയ നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോകാം